കർഷയന്ത ഇതൊക്കെയാണ് അശാസ്ത്രവിഹിതം തപ അഫേർട്ട് ഉണ്ട് പക്ഷെ പുറകെ ഇന്റലിജൻസ് ഇല്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസാണ് ഹാർട്ടാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്രകൃതിക്ക് മുഴുവൻ അധിഷ്ഠാനമായ ജ്ഞാനശക്തിയാണ് അതിനെ നിഷേധിച്ച് അതിന് വിവരമില്ല എന്നും ഞാൻ ഒക്കെ തേച്ച് വെളുപ്പിക്കാൻ പോവുകയാണ് പാണ്ടാക്കി വെക്കുകയാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറയില്ലേ എല്ലായിടത്തും വെളുപ്പിക്കാൻ പോയി വെളുപ്പിക്കാൻ പോയി പാണ്ടാക്കി വെക്കയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ജന്തു ചെയ്യണത് നാരായണ ഗുരുസ്വാമി പറഞ്ഞു എത്ര അഹോ ഈ മനുഷ്യൻ മാത്രം ഇല്ലായിരുന്നു എത്ര സമാധാനമായിട്ട് ബാക്കി ജന്തുക്കളൊക്കെ ജീവിക്കായിരുന്നു ഇന്നതിനെ തന്നെ ഉപദ്രവിക്കണമെന്നില്ല എല്ലാം എന്താ അധ്വാനം ഞാന് നിങ്ങളെ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് ധരിച്ചിരിക്കുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അധ്വാനം അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തോജനാഹ അതാണ് ബുദ്ധൻ പറഞ്ഞത് കർമ്മം ചെയ്യണത് മാത്രല്ല കർമ്മം നല്ല കർമ്മം ആയിരിക്കണം ആ കർമ്മം കൊണ്ട് എത്ര പേർക്ക് ഉപദ്രവം ഉണ്ടാവും നോക്കണം ബുദ്ധന്റെ ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് അത് സമ്യക് കർമ്മ സമീചീന കർമ്മ ഉപദ്രവം ഉണ്ടാവുവോ ചെയ്യണില്ല അതുകൊണ്ട് പട്ടിണി പട്ടിണി കിടന്നാൽ കിടക്കട്ടെ അതൊരു തപസ്സാണ് അല്ലാതെ മറ്റുള്ളവർക്ക് ഉപദ്രവണ്ടാക്കണ ആറ്റം ബോംബ് ഫാക്ടറിയിൽ രാവും പകല് അധ്വാനിക്കുന്നവൻ ആ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണർക്കോ നല്ല തൊഴിലാളിയായിരിക്കും പക്ഷെ ഈശ്വരന്റെ കണ്ണിൽ എന്താവും പറയാൻ വയ്യ എഫേർട്ട് ഇസ് ദർ ഇന്റലിജൻസ് ഇസ് നോട്ട് ദർ അശാസ്ത്രവിഹിതം ഘോരം തപഹ എന്നാണ് ശാസ്ത്രം വിധിക്കാത്തതായ ഘോരമായി തപസ് ചെയ്യണു അതിന് പുറകിലോ ദമ്പം അല്ലേ പുറം ലോകത്തിലേക്ക് എന്തൊക്കെയോ വിട്ടുകൊണ്ടിരിക്കുക സാറ്റലൈറ്റ് ഇത് ഇത് ചൊവ്വയിൽ വെള്ളമുണ്ടോ ഇവിടെ വെള്ളം കാണാനില്ല വെള്ളം കാശു കൊടുത്ത് വാങ്ങിക്കുക നമ്മള് കാലം മുമ്പ് ഒരു അമ്പത് വർഷം മുമ്പ് ആളുകള് വെള്ളം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പത്തിരുപത് വർഷം മുമ്പ് പോലും വെള്ളം വല കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ നമ്മള് നമ്മളെ എട്ടുകാലി വല നൂക്കണ പോലെ നമുക്ക് ചുറ്റും നൂറ്റു നൂറ്റു ഒരു പ്രിസന്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം വില കൊടുത്ത് വാങ്ങിക്കണു ഇനി കാറ്റ് വില കൊടുത്ത് വാങ്ങിക്കും ഒക്കെ ചെയ്യും എല്ലാത്തിനെയും മനുഷ്യൻ അവന്റെ എഫേർട്ട് കൊണ്ട് നശിപ്പിക്കുകയാണ് അതാണ് അശാസ്ത്രവിഹിതം ഘോരം തപസ് നമ്മൾ ചെയ്യുന്നതാണ് അശാസ്ത്രവിഹിതമായ നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമേ അല്ല അൺസയന്റിഫിക്ക് ടെറിഫിക് എഫേർട്ട് അതുകൊണ്ട് എന്താ ഈ ടെറിഫയിങ് എഫേർട്ട് എന്ന് പറയണം അല്ല ടെറിഫയിങ് എഫേർട്ട് എന്താ അതിന്റെ പ്രയോജനം ദമ്പാഹംകാർ സംയുക്ത പ്രയോജന സമാധാനവും ശാന്തി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ചൊവ്വയിലേക്ക് പോയി ചന്ദ്രനിലേക്ക് പോയി ആളുകൾ എത്ര കൂടി പണം ചെലവാക്കിയിട്ടാണ് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും പോണത് നമ്മൾക്കിവിടെ പാലിന് വില കൂടി അരിക്ക് വില കൂടി അവിടെ പോണതേ ചൊവ്വയിലേക്ക് ഒരു പശു ഇല്ലാതായിട്ട് തീർന്നു കൃഷിസ്ഥല ഇല്ലാതായിട്ട് തീർന്നു പാലില്ലാതായിട്ട് പാലൊന്നുമല്ല നമ്മള് കുടിക്കണത് എന്തോ സാധനത്തിനെ പാല് എന്ന് പറഞ്ഞ് കൊണ്ടു തരുന്നു പശു ശരിക്കും പ്രസവിക്കാൻ സമ്മതിക്കണില്ല പശുവിനെ നല്ല ഋഷഭം കാള ഇതൊക്കെ എന്താ അശാസ്ത്രവിഹിതമായ അതായത് ഹൃദയമില്ലാത്ത ഇന്റലിജൻസ് ഇല്ലാത്ത സയൻസിന്റെ എഫക്റ്റാണത് അതാണ് ഭഗവാൻ ഇവിടെ പറയണത് അശാസ്ത്രവിഹിതമായ ഘോരമായ അറിവ് ഇതൊപ്പം ഞാൻ മുൻകൂട്ടി ചിന്തിച്ചതല്ല ഇപ്പൊ വരണത് ഞാൻ പറയണത്രയേ ഉള്ളൂ ഈശ്വരൻ പറയിപ്പിക്ക അതിന്റെ ഇഫക്റ്റ് എന്താ സമാധാനം ഇഫക്റ്റ് അല്ല ശാന്തി ഇഫക്റ്റ് അല്ല ഫുൾഫിൽമെന്റ് ലൈഫ് അമിഡ് കംഫർട്ട്സ് നല്ല കംഫർട്ടബിൾ ആണ് എ റൂമിലാണ് ഇരിക്കുന്നത് സമാധാനം ഒന്നുമില്ല ആഡംബരമാണ് അലങ്കോല വാഴ അപ്ന മുരങ്ങനാഥ സ്വാമി ആഡംബരമാണ് അലങ്കോല വാഴ ദമ്പാഹംകാര സംയുക്ത നമുക്ക് അഭിമാനിക്കാം ഇന്ത്യ എന്തൊക്കെയോ സാധിച്ചു ഋഷികളെ അഭിമാനിച്ചതൊക്കെ സമാധാനത്തിൽ ശാന്തിയിലുമാണ് ഗാന്ധിജി ഒരിടത്തെ എഴുതി ഞാൻ വിഭാവനം ചെയ്യുന്ന ഭാരതം ഒരുവിധത്തിലുള്ള ബാഹ്യ പുരോഗതി ഇല്ലാത്ത കാര്യമൊക്കെയാണ് ഗാന്ധിജി എഴുതി വെച്ചത് ആസ്പത്രികളില്ല സ്കൂളുകളും ഇല്ല സ്കൂളിൽ ഇരുന്നോണ്ട് പറയാൻ പാടില്ല വളരെ സമാധാനമായിട്ടിരിക്കണ മനുഷ്യരെ പട്ടാളം പോലും ഇല്ലാത്ത ഒരു പക്ഷെ ബാക്കിയുള്ളവരുപദ്രവിക്കും ഒക്കെ പേടിക്കും നമ്മുടെ വളരെ ഇംപ്രാക്ടിക്കൽ എന്ന് നമുക്ക് തോന്നുന്ന കാര്യാണ് ഗാന്ധിജി താൻ വിഭാവനം ചെയ്തതായിട്ടൊക്കെ എഴുതി വെച്ചത് ഒട്ടോപ്പിയൻ എന്ന് പറയും ഒട്ടോപ്പിയൻ ഐഡിയ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യം ലോകം മുഴുവൻ അങ്ങനെ ആവാത്ത നമുക്ക് ആവാൻ പറ്റില്ല തോന്നും പക്ഷെ ചിലതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതൊക്കെ ദമ്പവും അഹങ്കാരം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ഐഡിയൽ ആവണമെങ്കിൽ സമാധാനമായിട്ട് ഇരുന്നിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ ഇന്ത്യയെ കണ്ടിട്ട് പഴയ കാലത്തെ ഇവിടെ വിസിറ്റ് ചെയ്ത പല ആളുകളും ചെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോണ പറയുന്ന ആളെ കാണാനില്ല മോഷ്ടിക്കണ ആളെ കാണാനില്ല ആരെയും വിശ്വസിക്കാം ഇന്നത്തെ ഇന്ത്യ പോട്ടെ ഹുവാൻ സാങ് എഴുതി വെക്കണു ശ്രീഹർഷനെക്കുറിച്ച് കോരിത്തെ കൊണ്ട് എഴുതിയിരിക്കുകയാണ് ഉടുത്ത തുണിയടക്കം ദാനം കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു രാജാവിനെ ഞാൻ കണ്ടു ലോകത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രമില്ല അതാണ് അഭിമാനം അല്ലാതെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിക്കലോ അല്ലെങ്കിൽ ചൊവ്വേലിക്ക് എന്തെങ്കിലും വാണം വിടലോ ഒന്നുമല്ല സമാധാനമായിട്ടിരിക്കുന്ന ഒരു ജനതയാണ് അഭിമാനം അതില്ല കർഷകന്ത ശരീരസ്ഥം ശരീരത്തിന് വിഷമങ്ങൾ ഉള്ളിലെ ശരീരാന്തസ്ഥനായ അന്തരിയാമയ്ക്ക് വിഷമം ഉണ്ടാക്കി ടോർച്ചറാണ് ഭൂതഗ്രാമത്തിന് മുഴുവൻ ഡിസ്റ്റർബ് ചെയ്യുകയാണ് എന്നാണ് ഭൂതഗ്രാമം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഉണ്ടല്ലോ നമ്മളുടെ മോഡേൺ സയന്റിഫിക് ഡിസ്കവറീസ് ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ് നിങ്ങൾ കൊടുക്കണ ഓരോ വാക്സിനേഷനും ഡിസ്റ്റർബൻസ് ആണ് കൊച്ചുകുട്ടികൾക്ക് കൊറേ മെഡിക്കൽ കമ്പനികളൊക്കെ കൂടെ റാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്ര വാക്സിനേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി മരിച്ചുപോകും രോഗിയായിട്ട് തീരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടികളിലെ അമേരിക്കയിലെ ഇത്ര വലിയ രാഷ്ട്രത്തിലെ ഒരുപാട് കുട്ടികൾ ഓട്ടിസമാണ് എലമെന്റൽ ഡിസ്റ്റർബൻസ് ഫുഡ് കൊണ്ട് എലമെന്റൽ ഡിസ്റ്റർബൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അശാസ്ത്രീയമായിട്ട് തീരുമ്പോ ഭൂതഗ്രാമം കർഷയന്താമം അചേത്ത സഹ ബുദ്ധിയില്ലാത്തവര് ഭൂതഗ്രാമത്തിനെ മുഴുവൻ ഡിസ്റ്റർബ് ചെയ്യാണെന്നാണ് പഞ്ചഭൂതങ്ങളെ മുഴുവൻ ഡിസ്റ്റർബ് ചെയ്യാണ് ഇവരും പഞ്ചഭൂതാത്മകമായ ശരീരത്തില് അന്തര്യാമി പര്യന്തം ഡിസ്റ്റർബൻസ് പോകണമെങ്കിൽ ആലോചിച്ച് നോക്ക ശരീരത്തിൽ ഡിസ്റ്റർബൻസ് ആയി പഞ്ചഭൂതാത്മകമായ എലമെന്റ്സിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായി വിഷമങ്ങൾ ഉണ്ടായി അന്തരീര ശരീരത്തിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന എന്നെയും ഉപദ്രവിക്കണു അപ്പ എങ്ങനെ ഘോരമായ ദമ്പ അഹങ്കാരം കൊണ്ട് ഇവൻ ഓരോ നേട്ടവും ഇവന് തന്നെ ഭസ്മാസുരന്റെ കഥയാണ് തലയിൽ തൈ കൈവയ്ക്ക താൻ തന്നെ ഭസ്മായിട്ട് പോയി എന്ന് പറയില്ലേ ആ കഥ ഇവന് തന്നെ നാശത്തിന് കാരണമായിട്ട് തീരുകയാണ് ഇവന് തന്നെ കുറെ ദമ്പത്തിനും അഹങ്കാരത്തിനും വേണ്ടി ഇവൻ നേടിയെടുത്തതൊക്കെ അവസാനം അന്തർയാമിക്ക് പരി പോലും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലും ഇവനെ തന്നെ എല്ലാ എലമെന്റ്സിനെയും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാക്കി തീർക്കുകയാണ് താൻ വിദ്ധി ആസുരനിശ്ചയാന് അവനൊരു നിശ്ചയം എടുത്തിരിക്കുന്നു ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ആസുരനിശ്ചയം എന്നാണ് എന്നുവെച്ചാൽ അതിന് പുറകിൽ അറിവേ ഇല്ല ശാസ്ത്രമില്ല ശാസ്ത്രമെന്ന് പറഞ്ഞാൽ സമ്യക് ജ്ഞാനമാണ് ശാസ്ത്രം സമ്യക് ജ്ഞാനമില്ല അതിന് പുറകിൽ തെളിഞ്ഞ ഒരു ദൃഷ്ടിയില്ല ഒരു വിവേകമില്ല ആസുരനിശ്ചയാനുവിദ്ധി അവൻ ആസുര നിശ്ചയത്തോടുകൂടിയവനാണ് ഹേ അർജുനബിൾ പേഴ്സൺ അവന് ഗതി എവിടെ ഇത്രയൊക്കെ ഇപ്പൊ പറഞ്ഞത് എന്തിനാ നമ്മളിപ്പോ ലോകം മാറ്റിമറിക്കാനാണോ അല്ല ഇതൊക്കെ ലോകത്തിന് ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ലോകത്തിൽ പോയി മാറ്റാൻ പോകണ്ടോ ഇല്ല പിന്നെ എന്താ അല്ലെ ഇതൊക്കെ വലിയ കാര്യമാണെന്ന് നമ്മൾ ധരിച്ചിരിക്കണല്ലോ അതല്ലാന്ന് മനസ്സിലാവണം അതിനെ വലിയ കാര്യ ുഃഖം നമ്മള് ബാഹ്യമായി നേട്ടം ഇപ്പൊ നമ്മള് പോയി ഇത് അറിഞ്ഞിട്ട് ഇന്നിപ്പോ ഗീതയിൽ കേട്ട് നാളെ പോയി നമ്മള് ലോകം മാറ്റിമറിക്കാനൊന്നും പോണില്ല പലതും നടക്കുന്നു ലോകത്തിൽ അതിലൊന്നും നമ്മൾ ഇന്റർഫിയർ ചെയ്യണോ ഒന്ന് മാറ്റിമറിക്കോ ഒന്നും നമ്മളുടെ ജോലിയല്ല പക്ഷേ ഇതൊരു വലിയ കാര്യമാണെന്നും ഇതൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്നും സാധകന്മാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും പലരും അധ്യാത്മത്തിലെ തെറ്റിദ്ധരിക്കുന്നത് എന്താ ലക്ഷ്യം പോലും പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ലക്ഷ്യമായിട്ട് കരുതുകയാണ് കുറെ എഫേർട്ടിനോടുള്ള ഒരു അഭിമാനം നമ്മളുടെ ഉള്ളിലുണ്ട് അതുകൊരു ഒരു ഒരു ദൂഷ്യമാണ് സെൽഫ് എഫേർട്ടില് അതിരുകടന്നൊരു അഭിമാനം ആ അഭിമാനം കാരണം എന്താ ഇയാള് പല കുരുക്കുകളും ഇയാൾക്ക് ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നീ എഫേർട്ട് ചെയ്യണം മടിയനായിട്ടിരിക്കരുത് പക്ഷെ നൻ്റെ പരിശ്രമം ശാസ്ത്രം വിധിക്കണതായിരിക്കണം ഗുരുവിധിക്കണതായിരിക്കണം അത്രയും നീ ചെയ്യാനുള്ളൂ ആ രീതിയിൽ ചെയ്യണം അല്ലാതെ അത് ചെയ്യാതെ നീ ഊണ് കഴിക്കാതിരുന്നു ഒറ്റക്കാലിൽ നിന്നു ചിലരുണ്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും നാല് ദിവസം ഊണ് കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഒറ്റക്കാലിൽ നിൽക്കും ഉറങ്ങില്ല ആണിയുടെ കിടക്കും ഇങ്ങനെയൊക്കെ ഇണ്ട് പഞ്ചാഗ്നി തപസ് ചെയ്യും ചുറ്റും അഗ്നി വെച്ച് തലയിലും അഗ്നി വെച്ചോണ്ടിരിക്കും തലയിൽ ഒരു ചട്ടിയിൽ അഗ്നി വെച്ച് ജഡയിൽ വെച്ചോണ്ടിരിക്കും പഞ്ചാഗ്നി തപസ് കുംഭമേള പോയാൽ നിങ്ങൾ കാണാം അങ്ങനെയൊക്കെ പലതും ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ പേടിച്ചു പോകും ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഒന്നും നീ അങ്ങനത്തെ തപസ്സൊന്നും ചെയ്യണ്ട കർമ്മം ചെയ്യണം കർമ്മത്തിന്റെ ബേസിക് ഇന്റലിജൻസ് എന്താന്ന് വെച്ചാൽ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും ഊണ് കഴിക്കാൻ ചെയ്യൂപ്പാ ജീവിക്കണമല്ലോ എന്തോ ചെയ്യൂ അല്ലാതെ നീ അതുകൊണ്ട് വേറെ ഒന്നും സാധിക്കാനൊന്നുമില്ല ജീവിക്കണം എല്ലാവർക്കും ജീവിക്കണം എൽ ലേ നിജ കർമ്മോപാത്തം വിത്തം ശങ്കരാചാര്യർ പറഞ്ഞു നൻറെ കർമ്മം കൊണ്ട് എന്ത് വിത്തം ധനം കിട്ടുവോ അതുകൊണ്ട് നീ സന്തോഷായിട്ടിരിക്കേ നിജകർമ്മോപാത്തം സ്വധർമ്മം ചെയ്തിട്ട് പക്ഷെ അതിൽ അഭിമാനിച്ച് വലിയ കാര്യൊന്നും തട്ടിമറിക്കാൻ പോണ്ട കർമ്മത്തിന് ലിമിറ്റേഷൻ ഉണ്ട് അറിഞ്ഞുകൊള്ളുക ശാസ്ത്രവിഹിതമായ തപസ് ചെയ്യണം ശാസ്ത്രവിഹിതമായ തപസ്സില് ആദ്യത്തെ പടി എന്താണ് എന്നുവെച്ചാ അന്നെ അസ്തുഭേഷജം ഒരു മരുന്ന് വേണം എന്താ മരുന്ന് അന്നം അന്നം മരുന്നാണത്രേ ഭക്ഷണം ഭക്ഷണം ഒരു ഔഷധമാണ് വാസ്തവത്തിൽ ഭക്ഷണം തന്നെയാണ് ഔഷധം ഭക്ഷണത്തിനെ ഔഷധമാക്കി പരിണമിപ്പിക്കാമെങ്കിൽ മനുഷ്യന് വലിയ അനുഗ്രഹം ഉണ്ടാവും തപസിന്റെ ആദ്യപടി അന്നമാണ് അതാണ് ഭൃഗുറുവൈ വരുണി വരുണം പിതറമുപസാര എന്ന് ശ്രുതി തുടങ്ങിയിട്ട് അന്നം ബ്രഹ്മേ ദിവ്യജാനാത് ഭൃഗുവെന്ന് പറഞ്ഞു ഞാൻ അന്നത്തിനെ ബ്രഹ്മമായിട്ട് ഉപാസിച്ചു അറിഞ്ഞു അന്നത്തിനെ ഉപേക്ഷിച്ചൊന്നുമില്ല അന്നത്തിനെ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കി പിന്നീട് ശ്രുതി തന്നെ അത് പറയുന്നുണ്ട് അന്നം നി അന്നെ നിന്ദിക്കരുത് തദ്വ്രതം അത് വ്രതമാണ് അന്നത്തിനെ നിന്ദിക്കരുത് അന്നം ന പരിചക്ഷീത തദ്വ്രതം അന്നം ബഹു കുർവീത ധാരാളം അന്നം ഉണ്ടാക്കുക എല്ലാവർക്കും കൊടുക്കുക അന്നം എല്ലാ ജീവികൾക്കും ആവശ്യമുണ്ട് അന്നത്തിനെ നിന്ദിക്കരുത് അന്നത്തിനെ ആദരിക്കണം അന്നം ബ്രഹ്മമാണ് ആദ്യത്തെ വടിയാണ് അന്നത്തിനാണ് എല്ലാം ഉണ്ടാവുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് അതുകൊണ്ട് ആഹാരത്തിൽ ആദ്യത്തെ തപസ് ചെയ്യും അർജുന ഭഗവാൻ പറഞ്ഞു ഹേ അർജുന തപസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഭക്ഷണം തന്നെയാണ് ചിലർ പറഞ്ഞു നമ്മളുടെ മതം കിച്ചൺ റിലീജിയൻ ആണെന്ന് പറഞ്ഞു എല്ലാം ഭക്ഷണത്തില് ഭക്ഷണത്തില് ഒരു വിധത്തിൽ പറഞ്ഞാൽ കിച്ചൺ റിലീജിയൻ തന്നെയാണ് നമ്മളുടെ കിച്ചണിലാണ് അധ്യാത്മ സാധന തുടങ്ങുന്നത് പഴയ കാലത്തൊക്കെ പൂജാറൂം തന്നെ കിച്ചണിൻ്റെ ഉള്ളിലായിരിക്കും അടുക്കളയിലാണ് പൂജ്യം തേവാറൂം ദഹനമൊക്കെ ഒന്നിച്ചു നടക്കും ഇങ്ങട്ട് ദഹനം ചെയ്യും അങ്ങട്ട് ദേവാറം ചെയ്യും ഒരേ സ്ഥലത്ത് നടക്കും അടുക്കള ആണ് വീട്ടിലുള്ള പൂജാമുറി മുഖ്യമായ പൂജാമുറി അവിടെയാണല്ലോ അഗ്നി അല്ലേ ആഹാരമാണ് തപസിന്റെ ആദ്യത്തെ എത്ര കഴിക്കണം ആഹാരം എങ്ങനെ കഴിക്കണം അന്നമയം ശ്രുതി പറഞ്ഞു കുട്ടി മനസ്സ് അന്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പാ മൈൻഡിന് ഡയറക്റ്റ് ഇമ്പാക്ട് ആണ് ഫുഡെന്ന് അതിപ്പോ ഹോമിയോപ്പത്തി മെഡിസിൻ നോക്കണവർക്ക് അറിയാം അവര് ചില മെഡിസിന്റെ പൊട്ടൻസി കൂട്ടിക്കൊണ്ടേ വന്നാല് മൈൻഡിനെ എഫക്റ്റിയും അവരും ചില ചില മരുന്നൊക്കെ തരുമ്പോൾ നമ്മൾ ജലദോഷത്തിന് പോയാൽ അവർ ദേഷ്യം വരുമോ എന്നൊക്കെ ചോദിക്കും എന്തിനാ ജലദോഷത്തിനും ദേഷ്യം വരുന്നതിനും സംഭവം അല്ല ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് മരുന്ന് കൊടുക്കുക നല്ല ശാസ്ത്ര അത് നമ്മൾ വേര് വേർ വേദനിക്കണെന്ന് പറഞ്ഞ് പോയാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരണുണ്ടോ മൂഡ് ഓഫ് ആവുണ്ട് വയറുവേദനയ്ക്ക് പോയാൽ അദ്ദേഹം തലയ്ക്ക് സൂക്കേടിന് വരുന്ന തരുന്ന പോലെ ചോദിക്കണോ ഒക്കെ കണക്റ്റഡ് ആണോ ആ മെഡിസിൻ ഇമ്പാക്ട് മൈൻഡിൽ ഉണ്ട് അല്ലേ അത് അന്നമാണല്ലോ കഴിക്കണോ വായു കൂടെ കഴിക്കണ സാധനത്തിന് ഇംപാക്ട് മൈൻഡിൽ ഉണ്ട് ത്രേധാ വിധീയത്തെ തസ് യസ്തഭിഷ്ടോ ധാതുപുരീഷം യോ മധ്യമ തൻമാംസം യോ നിഷ്ഠ തൻ മന ഉപനിഷത്ത് പറയണു ഭക്ഷിക്കുന്ന അന്നം മൂന്നായിട്ട് പിരിയണു സ്ഥൂലമായ ഭാഗം മലമായിട്ട് പുറത്തേക്ക് പോകും മധ്യമമായ ഭാഗം മാംസമായിട്ട് ശരീരത്തിൽ ചേരും അനിഷ്ട സൂക്ഷ്മമായ ഭാഗം മനസ്സായിട്ട് ഉള്ളിൽ നിൽക്കും ഈ മനസ്സായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അന്നത്തില് അത് അന്നത്തിന്റെ സ്വഭാവജം അന്നത്തിന്റെ സങ്കജം അന്നത്തിന്റെ പാകജം കാലജം ഒക്കെ ഉണ്ട് അതായത് അന്നത്തിന് സ്വാഭാവികമായിട്ടുള്ള ദൂഷ്യം അതിനുണ്ടാവും പാചകം ചെയ്യണ ആളുടെ ദൂഷ്യം അതിലുണ്ടാവും കഴിക്കണ ദൂഷ്യം ഉണ്ടാകില്ലാണ്ട് ഇതിനൊക്കെ പരിഹാരമാണ് പറഞ്ഞത് ഭഗവാന്റെ നാമജപം ചെയ്തുകൊണ്ട് പാചകം ചെയ്യും ഭക്തിയോടെ പാചകം ചെയ്യും പുറത്തോണ്ടേ ചെയ്യാൻ പാടില്ല അതിന്റെ ജീവിതം അടുക്കളയിലെ പോയി ഇങ്ങനെ തന്നെ രാവിലെ എണീ അടുക്കളയിലെ പണിയെടുക്ക കാപ്പി വെക്ക ഇങ്ങനെ പോയി ഒരു നശിച്ച അടുക്കള പണി എന്ന് പറഞ്ഞ് ആഹാരം വിശന്നോണ്ട് വന്ന് ഭർത്താവ് ഊണ് കഴിച്ച് കഴിയുമ്പോൾ വയറിൽ ഒരു ഗൂഡ്സ് വണ്ടി ഓടണ പോലെ ഒരു ശബ്ദം എന്ത് തിന്നാലും ദഹിക്കണില്ല എന്ത് തിന്നാലും ഡൈജസ്റ്റ് ആവണില്ല എന്താന്ന് വച്ചാ ഈ അമ്മ അടുക്കളയിൽ മുഴുവൻ മന്ത്രം ജപിക്കായിരുന്നുവേ നശിച്ച പണി നശിച്ച പണി നശിച്ച പണി ഇങ്ങനെ പോയി നാശായി പോയി എന്നൊക്കെ പറഞ്ഞു എന്റെ ജീവിതം ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോ അന്നത്തില് അങ്ങനെ ആ പൊട്ടൻസി കൂടി കൂടി കൂടി വന്നിട്ട് അതാരും കഴിച്ചാല് അവർക്ക് ഗൂഡ്സ് വണ്ടി ഓടും ഷമുണ്ടാവും ഒരു ആനന്ദല്ല ഭക്ഷണം നിന്ദയാണ് അന്നം നിന്ദ്യത് അഗ്നിഹോത്ര ശാലയാണ് അത് ശരിയായ അഗ്നിഹോത്ര അതാണ് അല്ലാതെ ആചരിക്കുന്ന അഗ്നിഹോത്രത്തിനെക്കാളും അഗ്നി വലിയ അഗ്നിഹോത്രാണ് മൂന്ന് അഗ്നിയാണ് അഗ്നിഹോത്രികൾ വെക്കുക ഗാർഹപത്യം ദാക്ഷിണാഗ്നി ഗാർഹപത്യാഗ്നി ആഹവനി അഗ്നി ശരിക്കും ഗാർഹപത്യാഗ്നി അടുക്കളയിലുണ്ട് നമ്മള് ഭഗവാനെയൊക്കെ കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ചിട്ട് നമ്മളുടെ കർമ്മത്തിനെയൊക്കെ വേറെ മാറ്റി വെച്ചത് മുതൽ നമ്മൾ നശിക്കാൻ തുടങ്ങി ആദ്യം ഭഗവാനെ അടുക്കളയിൽ കൊണ്ടുവരണം അഗ്നിയിൽ കൊണ്ടുവരണം പാചകത്തിൽ കൊണ്ടുവരണം പാചകം ചെയ്യണത് വേറെ ഒരു കർമ്മവും ഗണപതിക്ക് പൂജ ചെയ്യണത് വേറെ ഒരു കർമ്മവുമായിട്ട് നിന്നാൽ ഗണപതിക്കും പവർ ഉണ്ടാവില്ല പാചകത്തിനും പവർ ഉണ്ടാവില്ല നിങ്ങൾ പൂജയൊന്നും ചെയ്യണ്ട ീ പാചകം മതി ഈ പാചകത്തിനെ പൂജയാക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവിടെ പോയി ഇരുന്ന് പെടും മണുമുണും പറഞ്ഞ ഒരു പൂജയൊന്നും ആക്കാനൊന്നും പറ്റില്ല ഇതിനെ എന്തുകൊണ്ട് പൂജയാക്കാൻ പറ്റില്ല ആരാധനയാക്കാൻ പറ്റില്ല ധാരാളമായിട്ടാക്കാം ഓരോ ഒരു പൂജ ആവശ്യമില്ല യാതൊരു പൂജ ആവശ്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ അടുത്താണോ കുടുംബം നിക്കണത് അവരുടെ അടുത്താണോ കുലം നിക്കണത് അവര് കൊടുക്കുന്ന അന്നുണ്ടല്ലോ അത് മന്ത്രമാണ് കുട്ടികൾക്ക് അമ്മ പ്രിയമായി ഭക്തിയോടെ ഉണ്ടാക്കിയ അന്നം കൂ ഊട്ടി കൊടുക്കുമ്പോ കുട്ടിക്ക് അമ്മ തന്നെ തന്നെയാണ് കുട്ടിയുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഒരു മൂന്ന് വയസ്സ് വരെ രണ്ടു വയസ്സ് വരെ ഒക്കെ പാല് കൊടുക്കുകയുള്ളു അത് കഴിഞ്ഞാലോ ഈ അന്നമല്ല കൊടുക്കണത്തെ അമ്മ അത് കാറ്ററിംഗ് ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് കൊടുത്താൽ കുട്ടി കാറ്റായിട്ടേ മാറുള്ളു കുട്ടി പൂച്ച കുട്ടിയായിട്ട് മാറും അമ്മ കൊടുക്കണം മാതൃമാന് പിതൃമാന് ആചാര്യവാൻ വേദ ശ്രുതി പറഞ്ഞു ആദ്യം കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ഊണ് കഴിച്ച് ഒരറിവ് സമ്പാദിക്കണം അമ്മയുടെ അറിവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവല്ല അമ്മയുടെ അറിവ് അമ്മ മുലപ്പാലിലൂടെ കൊടുക്കും തവസ്തന്യമ്മന്യേ ിധര കേ ഹൃദയത പയ പാരാ പരിവഹത്തി സാരസ്വത ദയാവത്തിശു ആസ്വാദ്യതവയത് കവീന പ്രൗഢാ നാമജനി കമനീയ കവയി ശങ്കരാചാര്യർ പറഞ്ഞു അമ്മ കൊടുത്ത മുലപ്പാല് കുടിച്ചിട്ട് ഒരു ദ്രവിഡ ബാലൻ ശങ്കരാചാര്യരായിട്ട് തീർന്നു ജ്ഞാനസംബന്ധരെ പറയണത് ഇരിക്കട്ടെ ശങ്കരാചാര്യരെ തന്നെ പറയണതായിട്ടാണ് കാഞ്ചി പരമാചാര്യൊക്കെ ഈ ശ്ലോകത്തിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാരണം ആചാര്യർ ദ്രവിടെ ശിശുവാണല്ലോ കന്യേ ഹൃദയത അറിയാമ്പ ദേവി ധരണിതര കന്യയാണല്ലോ ആ പാലുകുടിച്ച് ബ്രെയിന് സ്ട്രെയിൻ ഇല്ല പുസ്തകം വേണ്ട കമ്പ്യൂട്ടർ വേണ്ട ഇന്റർനെറ്റ് വേണ്ട പാലു കുടിക്കുമ്പോൾ ഒരു ജ്ഞാനം ഉള്ളിലേക്ക് വരും സാരസ്വതം സാരസ്വത ഇവ എങ്ങനെ കൊടുത്തു ദയാവത്യാ ദത്തം അങ്ങനെ ദയാ കാരുണ്യം പ്രിയം അമ്മയ്ക്കൊരു സന്തോഷം കുട്ടി പാല് കുടിക്കുമ്പോ എവിടെ പാല് കൊടുക്കും ഒരു ട്യൂബ് തിരികിട്ട് രാവിലെ ഓഫീസിൽ പോകും രാത്രി എപ്പോഴോ വരും ഇല്ലേ നമ്മളുടെ ലൈഫ് മണി ഓറിയന്റഡ് ആവുമ്പോ ഇതൊക്കെ പോയി നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ യോഗ എന്തൊക്കെയോ ജീവിതത്തിലെ ബേസ്ഡ് സ്പിരിച്വാലിറ്റി ഇല്ലയ സ്പിരിച്വാലിറ്റി ഓൾസോ ഹാസ് ബിക്കം സംതിങ് ഓഫ് ദ എം ബി എ ബിസിനസ് യാവത്യാ ദം ദ്രവിഡ ശിശു ആസ്വാദ്യാം പ്രൗഢാനാമജനിമനീയ കവയിത ആ കുട്ടിയുടെ ഉള്ളില് ഭാവന കവിം ഋഷിത്വം അമ്മയുടെ പാല് കുടിച്ചു വന്നു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് അപ്പൊ ആദ്യത്തെ ആഹാരം ഈ കുട്ടിക്ക് അല്ലേ ആഹാരം ഈശ്വരനാണ് കൊടുക്കുന്നത് നമ്മളെല്ലാം ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ അതൊരു വളരെ ലാഘവത്തോടെയാണ് നമ്മൾ പറഞ്ഞത് ഉണ്ണ ഉണ്ണ എന്ന് പറയുന്നത് ബ്രാഹ്മണാഹ ഭോജനപ്രിയാഹ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ ഭോജനം കൊണ്ട് തൃപ്തനാണെന്നാണ് അർത്ഥം അത് സ്തുതിയാണ് ഇത് നിന്ദയല്ല വേറെ ഒരാഗ്രഹവും ഇല്ല ഭോജനം കിട്ടിയാൽ അവിടെയും കിടന്നുറങ്ങിക്കൊള്ളും ബ്രാഹ്മണാഹോ ജനപ്രിയാഹ അങ്ങനെയുള്ള ബ്രാഹ്മണരാണ് ജനപ്രിയാഹ ഇത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയാണ് അങ്ങനെ ആയാലേ ശരിയാവുള്ളൂ അപ്പോ ഈ പാല് കൊടുത്തു അതാദ്യത്തെ അന്നം ഈശ്വരൻ കൊടുക്കണ അന്നാണ് ഈ അമ്മയൊന്നും പ്രിപ്പയർ ചെയ്തില്ലല്ലോ അല്ലേ യാവി സർവഭൂത മാതൃരൂപേണ സംസ്ഥിതാം നമസ്ത യാതൊരു ദേവി ആ സ്ത്രീയുടെ ഉള്ളില് കുട്ടി ജനിച്ചപ്പോ മാതാവായിട്ട് വന്നു എങ്ങനെ വന്നു യാവി സർവഭൂത ക്ഷുധാരൂപേണ സംസ്ഥിത ആ കുട്ടി കരഞ്ഞു വിശന്നിട്ട് ഈ കുട്ടിയുടെ ഉള്ളില് ദ ഡിവൈൻ മദർ മാനിഫെസ്റ്റഡ് എസ് ഹങ്കർ And in the Mother, divine Mother, Divine മദർ ഡിവൈൻ മദർ മാനിഫെസ്റ്റഡ് അസ് മിൽക്ക് എന്തൊരു അവതാരാണ് നോക്കൂ നമ്മൾ ഏതോ കാലത്തിലുള്ള രാമാവതാരം കൃഷ്ണാവതാരം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളുടെ മുമ്പിലുള്ള അഭിവ്യക്തി നമ്മൾ കാണണില്ല ഈ കുഞ്ഞിന്റെ ഉള്ളില് ക്ഷുതാറൂപ്പേണ് അഭിവ്യജ്യത്തെ ആ അമ്മയുടെ ഉള്ളില് പാലിന്റെ രൂപത്തില് vannu. എന്നിട്ടില്ലെങ്കിൽ ഉള്ള പെടച്ചിലുണ്ടല്ലോ ഇത് അമ്മയുടെ സാമർഥ്യമൊന്നുമല്ലോ എവിടെ നിന്ന് അന്തർയാമിയായ ഈശ്വരൻ ആദ്യമായി അന്നം കൊടുത്തു ജീവന് ആഹാരം അന്നം ഭഗവാൻ കല്പിച്ചു കൊടുത്തു എങ്ങനെ കൊടുത്തു ആദ്യം തന്നെ നമ്മള് കാണുന്നു പാല് കരഞ്ഞ കുട്ടിക്ക് പാല് കൊടുത്തു എന്ന് പറയും നമ്മള് കരഞ്ഞ കുട്ടിക്ക് ഇതാ പാല് കൊടുത്തു ആര് കൊടുത്തു ഭഗവാൻ കൊടുത്തു ആ പാല് സാരസ്വതമാണ് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് അതാണ് അമ്മയുടെ ആദ്യത്തെ ഉപദേശം സ്തന്യപാനം ചെയ്യിപ്പിക്കലാണ് അമ്മയുടെ ഉപദേശം ഇതാദ്യതാഹാരം പിന്നെ പതുക്കെ പതുക്കെ പിതൃമാൻ ആചാര്യവാന് അച്ഛൻ അനുശാസനം ചെയ്യും ആചാര്യൻ ഉപദേശിക്കും അമ്മ പാലുകൊടുക്കും അച്ഛൻ അനുശാസനം ചെയ്യും ആചാര്യൻ ഉപദേശിക്കും ഇങ്ങനെ വന്നാലേ ചൊവ്വാവുള്ളൂ ചൊവ്വേ വരുകയുള്ളൂ എന്നാണ് ശ്രുതിമാതാവ് ഉപനിഷത്താവുന്നമ്മ പറയണത് ഒരാൾക്ക് വേദാന്ത ജ്ഞാനം വരണമെങ്കില് അമ്മ അമ്മയുടെ പാലുകുടിച്ച് അച്ഛന്റെ അനുശാസനത്തിൽ വളർന്ന് ആചാര്യന്റെ അടുത്തുനിന്ന് ഉപദേശം സ്വീകരിക്കാം യു ഷുഡ് ഹാവ് എ ഫാമിലി ഫീൽഡ് ജനറ്റിക് ഫീൽഡ് ടു ഹാവ് എ സ്പിരിച്വൽ ഫീൽഡ് ഇല്ലെങ്കിൽ നടക്കില്ല ഇതൊക്കെ കൂടെ സമഗ്രമാക്കിയാൽ ആഹാരം ആഹ്രിയതേതി ആഹാര ശബ്ദിവിഷയവിജ്ഞാനം ഭോക്തൃഭോഗായ ശങ്കരാചാര്യർ ശാന്തോഗ്യപനിഷത് ഭാഷ്യത്തിൽ പറഞ്ഞു ആഹാരം എന്ന് വെച്ചാൽ വായു കൊണ്ട് എടുക്കണത് മാത്രല്ല കണ്ണു കൂടെ എടുക്കുന്നതും ആഹാരമാണ് ചെവി കൂടെ എടുക്കുന്നതും ആഹാരമാണ് മൂക്കു കൂടെ എടുക്കണതും ആഹാരമാണ് നാവ് കൂടെ എടുക്കുന്നതും ആഹാരമാണ് ശബ്ദാദി വിഷയവിജ്ഞാനം അതൊക്കെ ശുദ്ധാവണം പക്ഷെ വളരെ മുഖ്യമായ ആഹാരം എന്നുള്ള നിലക്ക് ഈ അന്നത്തിനെ നമ്മൾ പറഞ്ഞു അതെല്ലാവർക്കും ആഹാരം കഴിക്കുന്നത് വെച്ച് കാണുമ്പോ അവരുടെ ഉള്ളിലുള്ള എലമെന്റ് എന്താണ് അവരെ സത്വമാണോ രജസ്സാണോ തമസ്സാണോ എന്ന് കണക്കാക്കാം ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് നോക്ക ആഹാര ത്രിവിധോ യജ്ഞ തപസ്താ ദാനം ശൃണു എല്ലാവർക്കും മൂന്ന് വിധത്തിലുള്ള ആഹാരം പ്രിയമാണ് യജ്ഞമും മൂന്ന് വിധത്തിലുണ്ട് തപസ്സും മൂന്ന് വിധത്തിലുണ്ട് ദാനമും മൂന്ന് വിധത്തിലുണ്ട് അതിന്റെയൊക്കെ ഭേദം ഹേ അർജുന ഞാൻ പറഞ്ഞു കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് നാളെ ആഹാരത്തിനെ കുറിച്ചും ഒക്കെ ഭഗവാൻ പറയാണ് വളരെ പ്രാക്ടിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇനിയാണ് എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ ചോദിച്ചാൽ ഏകദേശമായിട്ട് അപ്പഴും ഭഗവാൻ ഇന്നത് വഴിതിരിങ്ങ കുമ്പളങ്ങ എന്നൊന്നും പറയില്ല നിങ്ങൾ നിശ്ചയിച്ചോളാ ആഹാരത്തിന്റെ സ്വഭാവത്തിനെ ഭഗവാൻ ഇവിടെ പറയാൻ പോവാണ് അത് നമ്മള് നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടാങ്കണരിണലോലയാസം പരമായാസം മായാക്കാ ഭുവനക്ഷഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം വ തോന്നുമാത്മന വ